Thank you. ൂമോ തധാകാശമു യോഗ്യാകാശാത്മാമൈ സർവാത്മനിമ ൂമ താശ മേ ദുഭേ പൊരിഭാഗി തസ്മൈ സർവാത്മേ നമുക്ക് ിക്കുന്ന സർവാത്മാവായിരിക്കുന്ന സർവസ്വരൂപമായിരിക്കുന്നാസാത്മാനസ്വരൂപ ഔഭാസത്തിൽ ഞാൻ അന്നേരം വേഴി ദുലോകത്തിലുള്ള പുരാണത്തിനും മറ്റും പ്രസിദ്ധമായിരിക്കുന്ന ലോകം ൂമി ഈ ഭൂമിയും ആകാശത്തോളം ബഹിരന്തസ് ഇത് ബാക്കി ലോകങ്ങളെ കുറിച്ചു കുറേ ലോകങ്ങൾ രണ്ടാമത് കൂടാതെ അന്തസ്തിന് ബഹി അന്തസ് എന്റെ ജ്ഞാനസ്വരൂപത്തിലെ വിഹവിഭൂവ്യാപനശീലമുള്ള സർവവ്യാപിയായിരിക്കുന്ന ഏതൊന്നാണ് പ്രകാശിക്കുന്നത് തസ്മീസ്വഭാവിയാണ് അങ്ങനെയുള്ള സർവസ്വരൂപനായിരിക്കുന്ന അറിവിന് നമസ്കാരം ൂടൻ നമസ്കരിക്കുന്ന അറിവിനാണ് അതും സർവസ്വരൂപമായിരിക്കുന്ന കൂടാതെ വിഭുവായിരിക്കുന്ന സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന അറിവ് സർവപ്രപഞ്ചത്തിനും വ്യാപിച്ചിരിക്കുന്ന സർവകലാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും അറിവ് നല്ല ഉടൽ അറിവ് തന്നെയാണ് തനിക്ക് പുറത്ത് അങ്ങനെയുള്ള ആ അറിവിനെ നമസ്കരിക്കുന്നത് സാധാരണ ഇത്തരം ഗ്രന്ഥങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ദേവദേവതയാണ് നമസ്കരിക്കുന്നത് അതിൽ പകരം മംഗള ആദ്യങ്ങളിൽ അറിവ് നമസ്കരിക്കും അതാണ് പരമാത്മാവ് എന്നുള്ള രീതിയിലാണ് ഇത് അത് ഇതിലും ഓരോ സ്വന്തത്തിൽ മംഗളാദീനി മംഗള മധ്യാനി മംഗള അന്താനി ശാസ്ത്രാണ് ബുദ്ധം ദേവീൽ കൃഷ്ണമാണ് എന്നൊക്കെയുള്ള പ്രമാണം മംഗളം ആദി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുന്നു അവസാനം പറയും താഴെ ഇഷ്ടത്ത് മരിയപ്പെടുത്തിരിക്കുന്നത് ആ പേജ് ഇത് വ്യാകരണ ഭാഷത്തിൽ പറഞ്ഞിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതിനാദീനും മംഗളം അധ്യാനി മംഗള അന്താനി ശാസ്ത്രീരണി കൃഷ്ണിന്റെ ഭൗണ്ടി അധ്യേത രസമൃദ്ധീക്ത യഥാസ്യവും എന്നുകൂടെ ഉള്ള അപ്പോൾ ഇതെല്ലാം മഹാഭാഷ്യത്തിലുള്ള മംഗളം ആദ്യം പറഞ്ഞാൽ പോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറമ്പര്യം അനുസരിച്ച് പറയുന്നു അടുത്ത വാഗ്മു അഹം തത്വ വിമുക്ത നിശ്ചയം അത്യന്തോലോത ശാസ്ത്രീയധികാരമാണ് ഈ ശാസ്ത്രത്തിന്റെ അധികാരിയെ കുറിച്ച് പറയുന്നത് കാരണം ദ്വീകധികാരിയായി പറയുന്നത് കുടുംബത്തിൽ മുമുക്ഷത്വം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരും ജനാധികാരിയല്ല കേൾക്കുന്നവൻ ആദ്യം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ താൻ അധികാരില്ല ഇവിടെ അങ്ങനെയുള്ള യാതൊരു അധികാരി ബാധ്യതകളും അപ്പോൾ ശങ്കരാദ്വൈതത്തിൽ നിന്നൊരു മാറ്റം ഇവിടെ കാണാം പക്ഷെ ഇവിടെ രാമൻ ആ യോഗ്യത തുകയാണ് നീ പറയും അത് മറ്റൊരു കാര്യം പക്ഷേ ഈ ശാസ്ത്രത്തിൽ പ്രവേശിക്കുന്ന അങ്ങനെ ഒരു കർശനമായോപാധിയോക്കുന്നു അത് ഏതിന്റെ സ്വാധീനമാണ് സൈഡിസത്തിൻ്റെ സ്വാധീനം അവിടെ അങ്ങ് കശ്മീരി സൈഡിസ് അതിന്റെ സ്വാധീനം അഹംബദ്ധോ വിമുക്ത സ്യം ഇത് യസ്സയം ആർക്കാണോ ഈ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുള്ളത് എന്താ ഞാൻ ബദ്ധനാണ് മുക്തനായി തീരണം എന്നു വെച്ചാൽ ഒരാത്മീയ ചിന്തയുള്ളവർ ഇത്രയേ ഉള്ളൂ ഇവിടെ ആധ്യാത്മീയമായ ചിന്തയുള്ളവരാണല്ലോ ഞാൻ ഈ സംസാരത്തിൽ ബദ്ധനാണെങ്കിൽ നല്ല മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിന്റെ പാർട്ടിക്ക് അറിയും അപ്പൊ ഞാൻ ബദ്ധനാണോ വിമുക്തനാകും എന്നുള്ള എനിക്കതൊരുതരം അലർജിയാണ് സഹിക്കാൻ പറ്റത്തില്ല അഹം ബദ്ധോ വിമുക്ത സ്യാവിജയസ്യാസ് നിശ്ചയ ആർക്കാണോ ഞാൻ ബദ്ധനാണ് വിമുക്തനാകുമെന്നൊരു നിശ്ചയമാണ് അവനാണ് ഇതിന്റെ അധികാരം അത്യന്തം നോതജ്ഞ സ്വസ്മിൻ ശാസ്ത്ര അധികാരമാണ് പറയുന്നു അത്യന്തോ അജ്ഞനല്ല ഇതിനെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത ആത്മീയമായൊരു ബോധമില്ലാതെ ഇനിജ്ഞ എല്ലാം അറിഞ്ഞവൻ അവന് ഈ ശാസ്ത്രത്തിന്റെ അധികാരമില്ല ഇതൊരു സാമാന്യ യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന കാര്യമാണ് എന്നാ അറിയുമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ഒരു ബോധമില്ലാത്തവനും ഇതിന്റെ ആവശ്യം ഇതിൽ നിന്ന് തയ്യാറാകുന്നു സോസ്മിൻ ശാസ്ത്ര അധികാരമാണ് അങ്ങനെയുള്ള ഒരാളാണ് ഈ ശാസ്ത്രത്തിൽ അധികാരിയായിട്ടുള്ള കാര്യങ്ങൾ അത്യന്താജ്ഞ ആത്മീയമായി ഈ അജ്ഞതയെന്ന് പറയുന്ന ആത്മീയമായ അജ്ഞതയാണ് ഭൗതികമായ അജ്ഞതയല്ല ഭൗതികമായ വിദ്യാഭ്യാസവും അറിവും എല്ലാം കാണും പക്ഷെ ആത്മീയമായ അജ്ഞതയുള്ളവർ അത്യന്തജ്ഞനാണ് വനും എല്ലാ അറിഞ്ഞവനും ഈ ശാസ്ത്രത്തിന് അധികാരിയുള്ള അവന് ഇത് സ്വാഭാവികമാണ് അങ്ങനെയുള്ളവര് ഈ ശാസ്ത്രത്തിന് ഇത് ഇതിനാരാ ചെവി കൊടുക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടല്ലേ എത്ര പേര് ഇതൊന്നും ആവശ്യമില്ലാതെ ജീവിക്കുന്നു അതാ ം പോലും വെളിച്ചം ഉണ്ടാവത്തില്ല അതാകാം ഏതാൾക്കൂട്ടത്തിലും ഇതൊക്കെ സ്വാഭാവികമാണ് അത് ജീവിക്കാനൊന്നുമില്ല അത്യന്തവജ്ഞനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമേ ഉള്ളില് ബ്രെയിൻ ഇയാക്കില്ല അങ്ങോട്ട് കയറാൻ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അത്യന്തവജ്ഞനൊന്നും ആത്മീയമായ ആ ഒരിതില്ല എന്നാൽ അവർക്ക് ആത്മീയ വിഭ്രാന്തികളാണ് ഇത് മറ്റൊരു കാര്യമാണ് ഇവിടെ ജ്ഞാനത്തെ സംബന്ധിച്ചവർ ആത്മീയ ബോധമില്ലാത്തവർ ആത്മീയ വിഭ്രാന്തികളുണ്ടാവും രണ്ട് രണ്ടായി മനസ്സിലാവും ശാസ്ത്രത്തിലധികാരം ഒരു ബുദ്ധിമുട്ടും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ൊരു ചെറിയ ഒരു ലേശം പോകുന്നു നിരകെ പ്രവേശിക്കഥോപായാൻ വിചാരിയാകും മോക്ഷോപായാൻ യോ വിചാരേ പ്രാ സഭോയോ വിചാരി ഈ വാസിഷ്ഠഗ്രന്ഥത്തിന്റെ ഒരു പഴയ പേരാണ് മോക്ഷോപായം ഈ ഉപായം എന്ന് പറയുന്ന ശബ്ദവും നമ്മള് സാധാരണ സാധന എന്ന് പറയുന്നത് ഉപായം എന്ന് പറയുന്നത് ആണ് കശ്മീരി ചികിത്സത്തിൽ ഉപയോഗിക്കുന്നത് ഉപായം എന്നുള്ള ശബ്ദവും പലതരത്തിലുള്ള ഉപായങ്ങൾ ഭയങ്കര സന്ദർഭം അപ്പോ ഈ ശാസ്ത്രത്തിന്റെ പേര് മോക്ഷോപായവും പ്രസിദ്ധമായ പേരായിരുന്നു അപ്പോ കഥോപായാൻ വിചാരിയാകും ഇവിടെ വാൽമീകി പറയണ ആദ്യം കഥോപായം അതിന വിചാരണ ചെയ്തു കഥ കഥോപായവും കൂടെ പൊതുവായണം പ്രസിദ്ധമായ വാൽമീകി രാമായണം അതാണ് കഥോപായം അതൊരു കഥയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ലവണ്ണം വിചാരം ചെയ്തിട്ട് മോക്ഷോപായം അനന്തരം മോക്ഷോപായമായ മോക്ഷത്തിനുപായമായി ഈ ശാസ്ത്രത്തെ യോ വിചാര വിവേകി ആരാണോ ഇത് വിചാരം ചെയ്യുന്നവർ നസഭയോ വിചാരികയായി ജന്മമില്ല അപ്പൊ ഇവിടെ പൂർവ്വരാമായണത്തിന്റെ തുടർച്ചയാണ് ഇതെന്ന് പറയും അതിലും ആറ് കാണ്ഡങ്ങളാണ് പൂർവ്വ ഉത്തരകാന്ഡങ്ങൾ കൂടി ചേർന്ന് അതേ രീതി ഇതിലും പൂർവ്വ ഉത്തരകാന്ഡങ്ങൾ കൂടി ചേർന്ന ആറ് കാണ്ഡങ്ങൾ അതിനനുസരിച്ചാണ് ഇതുവഴി രാമായണത്തിന്റെ ഉത്തരാഖണ്ഡം പല്ലി കഴിയല്ലെന്ന് പറയുന്നത് ആധുനിക ഭാഷസന്ധതികളാണ് കാരണം അതിനകത്ത് ഈ സമ്പൂഹനം വെട്ടിയ കഥയുണ്ട് അതിൽ നിന്ന് രാമനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരാഖണ്ഡ രാമായണം അല്ല എന്ന് പറയും പക്ഷെ രാമായണം വായിക്കാത്തോടുകൂടിയാണ് രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ രാമായണം ഉത്തരാഖണ്ഡം കൂടെ ചേർന്നാണ് രാമായണത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നതായിരുന്നു ആർത്ഥാർത്ഥ്യം ശരി ഇവിടെ വ്യക്തമായി പറയുന്നത് ഞാൻ പറയുന്ന പൂർവകാന്ഡസ് രാമചരിത കഥാപ്യാചേന വബ്രഹ്മണം ഷഡ്കാണ്ടം സോത്തരം പൂർവരാമായണം ആറ് കാണ്ഡമുള്ളത് ഉത്തരഭാഗത്തോടു കൂടി ചേർന്നാണ് പൂർവ്വരാമായണം ഇതാണ് വിജ്ഞാന്മാർക്കുള്ള ഇതാണ് അഭിപ്രായം ഇന്നത്തെ ചില ആൾക്കാർ അവരുടെ പൊളിറ്റിക്സിന്റെ പേരിൽ ഇതൊക്കെ ചില പറയുന്നു എന്നുള്ളത് പലരെയൊക്കെ രക്ഷിച്ച് നിർത്താൻ വേണ്ടി പറയുന്നതാണ് ഞാൻ പറഞ്ഞു അസ്വസ്ഥത വരും ഇവിടെ എഴുതി എന്ന് അത് മാത്രമല്ല എന്തിനാണ് ഈ പൂർവരാമായ പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിരുന്നു പൂർവരാമായ നിഷ്കാമധർമാനുഷ്ഠാന ചിത്തശുദ്ധി പൂർവരാമായ എന്തിനു വേണ്ടി എഴുതിയത് അതിൽ പറഞ്ഞിരിക്കുന്ന സ്വസ്വ വർണ്ണ ആശ്രമ ഉചിത നിഷ്കാമധർമാനുഷ്ഠാനം അതാത് വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും അനുസരിച്ചുള്ള എല്ലാം എല്ലാവരും ചെയ്യാൻ പാടില്ല സോഷ്യലിസം അല്ല വർണ്ണ ആശ്രമം ചെയ്ത നിഷ്കാമ കർമാനുഷ്ഠ ആ കർമ്മങ്ങൾ നിഷ്ഠ നിഷ്കാമമായ അനുഷ്ഠെന്ന് പറയുന്നത് രാജ അടിസ്ഥാനമായിട്ടുള്ള കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്ത് ചിത്തശുദ്ധി സമ്പാദിക്കുമെന്നാണ് ഓടി എഴുതിയിരിക്കുന്നത് ഇതാണ് പൂർവ്വകാന്ഡത്തിന്റെ പ്രയോജനം കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുരാണ ഇതിഹാസം തന്നെയാണ് ജാതി ധർമ്മങ്ങളെ മനുഷ്യനെ കൊണ്ടുഷ്ടിപ്പിക്കാനാണെന്നും കൂടെ വ്യക്തമായി എഴുതി അപ്പൊ ഞാനത് കല്പനയിൽ പറയുന്നു പിന്നെ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയം അനുസരിച്ച് വെക്കാൻ വേറെ ആളും അതിന് വേറെ ആളെ അന്വേഷമാണ് അങ്ങനെ പൊറോത്തര രാമായണോ ഹേതു ഹേതു മദ്ഭാവസംഗതി ഇതാണ് പൂർവ രാമായണവും ഉത്തരരാമായണവും തമ്മിലുള്ള ഹേതു ഹേതുമത്ഭാവം എന്ന് വെച്ചാൽ എന്താണ് പൂർവരാമായാണ് ഈ മനുഷ്യനാമനവന്റെ ജാതിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തി ചെത്തശുദ്ധിയെ സംഭാദിക്കുന്നത് പിന്നെ ഇത് എല്ലാവർക്കും കേൾക്കാൻ കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല നാലാമത്തെ വരികഴുതിയിട്ടുണ്ട് ശ്രാവയൻ ചതുരോ വർണ്ണ ബ്രാഹ്മണൻ അഗ്രത ബ്രാഹ്മണനെ ഏറ്റവും ഉമ്പ കൊണ്ടിരുത്തിയിട്ട് നാല് വർണ്ണങ്ങളെയും ഇത് കേൾപ്പിക്കണമെന്നാണ് ആരും ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യൻ സൂത്രം ഇവിടെ മുമ്പിലെങ്കിലും ബ്രാഹ്മണൻ ഉണ്ടെ ഇത് പറയാവുന്നേ ഇത് പറയുകയാണെങ്കിൽ ചൊറിഞ്ഞു കയറും ഇതൊക്കെ പുസ്തകത്തിനുള്ള കാര്യമാണെന്ന് ഞാൻ വെറുതെ പറയുക നാലാമത്തെ അവര് കണ്ട ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാലോ ജനസ്ഥ ശൂദ്രോതി മഹത്വം ഈ അവിടെ ഒരു ചെറിയ സംഭരണം എന്താണ് അങ്ങനെ ബ്രാഹ്മണനെ മുമ്പ് എഴുത്തി ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞാൽ സൂത്രനിലും അതി ശൂദനും എന്താകാം ഒരു സൗജന്യം അവനും മഹാനാകാം ഇതൊരു സൗജന്യം മാത്രമാണ് അവിടെ മനുഷ്യന്റെ തുല്യതയൊന്നും അവിടെ ഇല്ല ചോദിച്ചാണ് എന്നെ കൊണ്ടതൊക്കെ ഞാൻ ബഹപൂർവ്വം മനഃപൂർവ്വം പറയുന്നില്ല ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അതോടെ എഴുതിയിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രാകൃതമായ ചിന്ത ഇത് രാമായണം വായിക്കുന്നോണ്ടല്ലേ അതൊക്കെ മനസ്സിലാവും രാമായണത്തിന്റെ പുളകശത്തിന് നേടി രാമരാജ്യത്തിന്റെ മഹത്വം രാഷ്ട്രീയക്കാര് പറയുന്നുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം എന്ന് വെച്ചാൽ അവിടെ വർണ്ണസങ്കരം സംഭവിക്കത്തില്ല എന്ന് വെച്ചാൽ ഒരു ജാതി വേറൊരു ജാതി എന്ന് കല്യാണം കഴിക്കത്തില്ല അതാണ് വർണ്ണസങ്കരം അങ്ങനെ സംഭവിച്ചാലും അങ്ങനെ തല നടത്തില്ല ഇതാണ് രാമരാജ്യം ോടൊന്നും കുറച്ചെങ്കിലും തനി രാമസമുള്ളവർക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇതൊന്നും വെറും അബദ്ധവും അസംബന്ധവുമാണ് ഇരുപ്പിനു എഴുതിയിട്ടിരിക്കുന്നു അതായത് ഇത് എഴുതിയിട്ട് കുറഞ്ഞതായ വർഷം മൂലരൂപം ഉണ്ടായിട്ടുണ്ട് സംഗ്രഹയ്ക്ക് ശേഷം ആണത് ഈ ഗ്രന്ഥം ഒന്ന് അഭിനവഗുപ്തന്റെ കാലം അതിന് പോകുന്ന ബസ്തുഗുപ്തൻ ഉപ്പലദേവൻ ഇവിടെയൊക്കെ കാലമെന്ന് പറയുന്നത് ഒരു പത്ത് പത്താം ആ കാലഘട്ടത്തിലാണ് ഇതേ കാലഘട്ടത്തിൽ കാശ്മീരിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് അഭിനന്ദൻ അദ്ദേഹമാണ് ലഘു യോഗവാസിഷ്ഠൻ നഗരം ഒഴുകിയാണ് അപ്പൊ ഇതൊക്കെ ഇവർക്ക് അടുത്തടുത്താണ് സംഗ്രാഹർക്ക് ശേഷം അഭിനവുപ്തൻ ഏകദേശം അതേ കാലഘട്ടത്തിന് അഭിനന്ദൻ അപ്പൊ ഈ സാധനവും ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അത് പണ്ഡിതന്മാർക്ക് അത്ര വ്യത്യാസമുണ്ട് അഭിനന്ദന്റെ ലഘു യോഗവാസിഷ്ടത്തിന് പിൽക്കാലത്ത് വിപുലപ്പെടുത്തിയാണ് ഈ ബൃഹത് യോഗവാസിഷ്ടം അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അത് ശരിയാകാൻ സാധ്യതയുണ്ട് കാരണം പഴയൊരു രീതി അതാണ് പണ്ട് നമ്മുടെ ഈ പുരാണങ്ങളും രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രന്ഥം പൂർണ്ണരൂപത്തിലാക്കുന്ന ഒരാളായിരിക്കില്ല അപ്പോ അത് പൂർണ്ണ ഗ്രന്ഥത്തിലാവുമ്പോൾ പലരും അത് കൈകടത്തിയിരിക്കും പലരും എഴുതി ചേർത്തുകൊണ്ടിരിക്കും അതിനെല്ലാം കൂടെ ചേർത്താണ് ഗ്രന്ഥം എന്ന് പറയും മഹാഭാരതമായ രാമായണമായ കൈകടത്തലുകൾ ഇല്ല എന്നുണ്ടായിരുന്നു പക്ഷെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചേർന്നു അത് ഏറ്റവും വലിയ തെളിവ് എന്താണ് നമ്മള് പുരാണങ്ങളാണ് സ്കന്ധ പുരാണം പത്മപുരാണം പോലെയുള്ള പല പുരാണങ്ങളിലും നമ്മുടെ അടുത്ത കാലത്ത് വന്ന കേരളത്തിൽ വന്ന പല ക്ഷേത്രങ്ങളും അറിയിക്കുകയായിരിക്കും ക്ഷേത്രങ്ങളും അതും പഴക്കാനില്ല ആയിരം വർഷത്തിന് ഇപ്പുറമുള്ള ക്ഷേത്രങ്ങളാണ് അപ്പൊ ഇതൊക്കെ തെളിവാണ് ഇതിങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ് അതിന്റെ പൊതു സ്വഭാവമാണ് പക്ഷെ ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഇതെന്നവിടെ കൂടി ചേർന്നതാണ് അപ്പോ ഓരോരുത്തരെയും പേര് അതിൽ കാണാം അതൊരു എഴുതി ചേർത്ത ഒരു പുസ്തകം പഴയ രീതി അങ്ങനെയാണ് കാരണം രാജാക്കുമാരാണ് ഇവരെല്ലാം സഹസ് വെച്ചിരിക്കുന്നത് പണ്ഡിതന്മാര് അപ്പോൾ അവരെ കൊണ്ട് എഴുതി ഇവരെ ഗ്രന്ഥത്തിൽ വലുതായി കൊണ്ട് പ്രത്യേകിച്ച് കഥകളല്ല ഇന്ന് അതുപോലെയാണ് അത് ആവശ്യമൊന്നും ഇന്നോന്നിന് തന്നെ കായംകുളം കൊച്ചും നേടി കടമ സീരിയലുകളൂടെ എത്ര വർഷം ഉള്ളു അങ്ങനെ ഒരു അവരുടെ ജീവചരിത്രത്തിലുണ്ടല്ല അവരുടെയൊക്കെ ജീവചരിത്രത്തിൽ സംഭവങ്ങളേ ഉള്ളൂ മനുഷ്യനൊന്നും അറിഞ്ഞിട്ടുണ്ടോ ബാക്കിയെല്ലാം എഴുതിക്കേറ്റിയാണു ഭാവിലേ ഒരുപാട് എഴുതിക്കേറ്റി കയറ്റി അതിനെ വർഷങ്ങളോളം കയറ്റി കൊണ്ടുള്ളു അത് ചരിത്രമാർക്കൊരു ബന്ധമാണ് കാര്യങ്ങളല്ല ഭാവിലേ മനുഷ്യൻ എഴുതി ചേർത്തുള്ളൂ പുരാണങ്ങൾ ഇതുമെല്ലാം ഓരോരോ കാലഘട്ടത്തിലും ഓരോരുത്തരും എഴുതി ചേർത്ത് അതിനകത്തോണ്ട് എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിന് മഹാഭാരതത്തിൽ ഒരുപാട് ധാരണ അതിന് പ്രധാനമായി ഉണ്ടാകും വരുന്നതിന് എന്താണ് പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ വരുന്നത് ഒരു ഭാഗത്തു നിന്ന് പറയും വേറൊരു ഭാഗത്ത് നേരെ വിരുദ്ധമായി അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെ പലരെഴുതിയും നമ്മുടെ ോട്ട് പോകുന്നില്ല ഇവിടെ പറയുന്നു ആദ്യം ഈ കഥോപായം അത് വിചാരം ചെയ്യണം മോക്ഷോപായം വിചാരം ചെയ്യണം ആയിരം വർഷത്തോളം പഴക്കം അതിൽ ഇടയ്ക്ക് കുറച്ച് കൂട്ടിച്ചേർത്തുക എന്ന് വന്നിട്ടുണ്ട് പക്ഷെ അഭിനന്ദൻ എഴുതിയിരിക്കുന്ന ഈ പത്താം നൂറ്റാണ്ടിൽ കഴിയുന്നു ആ ഗ്രന്ഥത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വന്നിരുന്നു ഇതിന്റെ സാരാംശങ്ങളും വന്നിട്ടുള്ളു ഈ കഥകളുടെ വർണ്ണനകളാണ് കൂടുതൽ കൂടുതൽ പിന്നെ അത് ഒരുപാട് ദേഷ്യന്മാര് അപ്പൊ അത് സ്വാഭാവികമായിട്ടും സംഗ്രഹേഷം വന്ന മറ്റ് ചിന്താഗതി എന്നാണ് അതിവിടെ കാണാം നോക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ പരസ്പര ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടടുത്ത് പറയുന്നത് ഞാൻ ഈ രാമായണത്തിൽ ആദ്യം ഞാൻ പൂർവ്വരാമായണം ഉണ്ടാക്കി ഉണ്ടാക്കിയതിന് ശേഷം ശിഷ്യായ വിനീതായ ഭരദ്വാജായ ഭീമതയിൽ ഭരദ്വാജ എന്ന് പറയുന്ന അമ്പസഹ്മാനായ എന്റെ ശിഷ്യന് അത് പറഞ്ഞുകൊടുക്കും ഏകാഗ്രോ ദത്തവാണി ദസ്മയും മണി അബ്ദിരി വാർത്ഥിനെയും അഞ്ചാമത് വളരെ ഏകാഗ്രതയുള്ള ശിഷ്യൻ എങ്ങനെയാണോ സമുദ്രത്തിൽ നിന്നും മണി എടുക്കുന്നത് രത്നങ്ങളും മറ്റും അതുപോലെ എൻ്റെ ഒരു എല്ലാം നിന്നും ആ രാമായണത്തെ സ്വീകരിച്ചു എന്നാണ് കാരണം സമുദ്രത്തിൽ നിന്ന് മണി എന്തുകൊണ്ട് പറയും അതത്ര പ്രാധാന്യമാണ് പറഞ്ഞ ആശ്രമം അതാണ് കഥോപായം ഭരദ്വായുതി കേട്ടിട്ട് ഏതോ ഒരു പർവ്വതത്തിന്റെ മോഡലും ബ്രഹ്മാവിരുന്നപ്പോ വെറുതെ അവിടെ ചേർന്നു എന്നിതെല്ലാം ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നാണ് ബ്രഹ്മാവ് ഇത് കേട്ട് വളരെ സന്തുഷ്ടമായി ഒരു കാവ്യം കാവ്യമാണല്ലോ പൂർവരാമെ ഉടനെ ഭരദ്വായോട് ചോദിച്ചു നീ ഇത്രയെല്ലാം പറഞ്ഞല്ലോ നിനക്കെന്ത് വരമാ വേണ്ടത് ചോദിച്ചു എന്തോ അപ്പോ അപ്പൊ ഭരദ്വാരൻ പറഞ്ഞു എനിക്ക് വരം വേണം ശരി നിനക്ക് തരാവുന്നു ാവശ്യപ്പെടുകയാണ് തരാമ എന്താണ് അപരം ഗുരുവാത്മീയം അത്രയു പ്രയത്നതും സമാരം രാമായണമനന്ദിരും തസ്മേ ഗുരുമോ സമുദ്ര സന്ദർശ്യസി അമ്പുദേശം നീ ഒരു കാര്യം ചെയ്യണം നേരെ വാൽമീകിയെ പോയി കണ്ടിട്ട് സേതുനായി വാങ്ങത്തെ ഉമകളെല്ലാം രസമുള്ള ഊർമ്മകളാണ് എങ്ങനെയാണ് സേതുകളുടെ സമുദ്രത്തെ തരണം ചെയ്യുന്നത് അതുപോലെ മനുഷ്യൻ ഈ മോഹത്തെ തരണം ചെയ്യുന്നതിനുള്ള രാമായണം അതിനീ വാൽമീകിയിൽ നിന്ന് ശ്രവണക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രാമായണം ഉണ്ടാക്കാൻ വാത്മീകിയോട് ആവശ്യപ്പെട്ടു അത് ഈ പ്രാർത്ഥന ഈ രാമായണം കൊള്ളാം അത് നല്ലതാണ് അത് സംസാരിക്ക സഹ വർണാശ്രമ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നല്ലതാണ് മോക്ഷത്തിന് അധികാരിയാകുന്നത് ഇതാണ് ചങ്കരായിരുന്ന വർണ്ണാശ്രമം ധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്ത ഒരാളെ മോക്ഷത്തിന് അധികാരിയാകുന്നത് അതാണ് ഇവിടെയും പറയുന്നത് ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഭരദ്വാജൻ നേരെ വാൽമീകത്തേക്ക് വന്നു അത് ബ്രഹ്മാവും ഭരദ്വാജിനെയും കൂട്ടി വന്നു വാൽമീകിയുടെ മുമ്പ് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താണ് അങ്ങയുടെ രാമായണം വളരെ മനോഹരമായിരിക്കുന്നു പക്ഷെ പുതിയതൊന്നുണ്ടാകും എന്താണ് സമുദരിശ്യക്ഷിപ്രം കോശി സാഗര പതിനാല് എങ്ങണോ സമുദ്രത്തെ ഒരു തോണി കൊണ്ട് കിടക്കുന്നത് അതുപോലെ ഒരു തോണിയിലൂടെ കപ്പൽ ആയിക്കോട്ടെ കപ്പൽ കൊണ്ട് എങ്ങനെയാണോ സമുദ്രത്തെ മറികടക്കുന്നത് അതുപോലെ ഒരു ഗ്രന്ഥത്തെ ഉണ്ടാക്കണം എല്ലാവരും സംസാര സാഗരത്തെ മറികടക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെയോ മുഹൂർത്ത അഭ്യസ്ഥിതരംഗയോ വാർണ വാൽമീകി കാര്യങ്ങളൊന്നും പിടിയിട്ടില്ല പെട്ടെന്ന് ബ്രഹ്മ വരുന്നു ഇവിടെ ഭരദ്വായരുണ്ട് എന്തോ പറയുന്നു പെട്ടെന്ന് സ്ഥലമുണ്ട് അതെങ്ങനെ അഭ്യുദ്ദി തരംഗ് വാരുന്നത സമുദ്രത്തിൽ നിന്ന് എങ്ങനെയാണോ പെട്ടെന്ന് തരംഗം എന്ന പ്രത്യക്ഷം അതുപോലെ വാൽമീ കാര്യമൊന്നും പിടികിട്ടില്ല വാൽമീകി ഭരദ്വായെന്നോട് ചോദിക്കാൻ എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഭരദ്വജം പറയു അദ്ദേഹം പറഞ്ഞത് ഒരു രാമായണത്തെ ഉണ്ടാക്കാനാണ് അങ്ങനെ സർവലോക ഹിതാർത്ഥായ സംസാരണവ താരകം സംസാരമാകുന്ന സമുദ്രത്തെ താരകം തരണം ചെയ്യുന്നതായ സർവലോകമായിരുന്ന ഒരു രാമായണത്തെ നമ്മൾക്കാണ് അദ്ദേഹം ആവശ്യപ്പെട്ടാല് ബ്രഹ്മ വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ഭരദ്വാജനം കൊണ്ട് അവിടെ വന്നിട്ട് അവിടെ ഇവിടെ പറയുന്ന അനുസരിച്ച് ഈ ഇവരെല്ലാ ജ്ഞാനികളാണ് രാമായണത്തിൽ അവർക്ക് എങ്ങനെയാണ് സംസാരത്തെ മറികടന്നത് രാമോ വ്യവഹൃദോൻ ഭരതസ്റ്റ് മഹാമനാ ശത്രുഘ്നോ ലക്ഷ്മണസ്റ്റാപി സീതാചാപി യശസ്വിനു അതിന് വീണ്ടും പറയും രാമൻ എങ്ങനെ ജീവിച്ചു ലക്ഷ്മണൻ എങ്ങനെ ജീവിച്ചു ഭരതനെങ്ങനെ ജീവിച്ചു ശത്രുഘ്നൻ എങ്ങനെ ജീവിച്ചു സീത എങ്ങനെ ജീവിച്ചു രാമ അനുയായികളെങ്ങനെ ജീവിച്ചു മന്ത്രി കുങ്കവന്മാരെങ്ങനെയാണ് ജീവിച്ചത് എന്നുവച്ചവരുടെ ജ്ഞാനികളായി ജീവിച്ചു എന്നാണ് ഇതെല്ലാം പറയട്ടു അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടാണ് ഇവിടെ രാമായണത്തിൽ ഇല്ലാത്ത സംഭവം അവിടെ പറയും വശിഷ്ഠ രാമൻ ഉപദേശിച്ചെന്നും രാമൻ ജ്ഞാനിയായെന്നും രാമൻ മാത്രമല്ല എല്ലാവരും ജ്ഞാനിയായും ആ കഥ പറയണമെന്നാണ് രാമൻ അങ്ങനെ ജീവിച്ചു രാമ രാജീവലോ രാമൻ രാജീവലോചനായ രാമൻ അസംസക്തനായി യാതൊരു ശക്തിയുമില്ലാതെ നിർമ്മമനായി ജീവൻ മുക്തനായി ജീവിച്ച ആ കഥ പറയാനുള്ളത് രാമൻ ജീവൻ മുക്തനായി ജീവിച്ച കഥ രാമായണത്തിൽ ഇല്ല പക്ഷെ അങ്ങനെ ഒരു കഥയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് രാമൻ മാത്രമാണെങ്കിൽ ശരി അങ്ങനെയല്ല ലക്ഷ്മണു ഭരതച്ചൈവ് ശത്രുഘ്നച് മഹാമന കൗസല്യ സുമിത്ര സീത ദശരഥ എന്ന് വേണ്ട ബോധ പാരം ബോധപാരത്തിന്റെ ബോധ മറുകര കടന്നവരാണെന്ന് ഇവരെല്ലാവരും വസിഷ്ഠോ വാമദേവശ് മന്ത്രി അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാര് കേണമന്ത്രിമാര് ജയന്തോ ബാസസ്റ്റ സത്യോ വിജയ വിഭീഷണ സുഷേണസ്റ്റ് ഹനുമാൻ ഇന്ദ്രജിത് തഥാ അഷ്ടോ മന്തിൽ പഠിച്ചു വെച്ചോളം മതപ്രഭാഷ എട്ട് മന്ത്രിമാരും വല്യ പണ്ഡിതന്മാരാണ് ദിനം ധരിച്ചോ ഇവരെല്ലാവരും എന്താണ് ബോധപാലോപാത ഇവരെല്ലാവരെയും ബോധത്തിന്റെ മർഗരത്തിയവരാണ് അങ്ങനെയായിരുന്നു എന്നാണ് ആ കഥയാണ് പറയുന്നത് ഇവർക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നാണ് ജീവൻ മുക്ത മഹാത്മാനഹ ഇവരെ കുറിച്ച് എന്താ പറയുക ഈ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ നീ പറയും അവര് മാത്രമല്ല അവിടെയുള്ള മുഴുവൻ ജനങ്ങളിൽ ജീവൻ മുക്തന്മാരായിരുന്നു എന്നുകൂടി പറയും ഇതൊക്കെ പൂർവ്വരാമായണത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷെ അവരൊക്കെ എങ്ങനെ ജീവൻ മുക്തന്മാരായി ജീവിച്ചു എന്നുള്ള കാര്യം പറയണം കഥാരൂപത്തിൽ പറയണം എന്നാണ് ഞാൻ പറയുന്ന കഥകളാണ് ആദ്യം മനസ്സിലാവും കഥയെന്നുവെച്ചാൽ വെറും കഥയാണ് കഥകൾ ഇങ്ങനെ പലതും പറയും അത് അർത്ഥവാദമാണ് ഇതൊക്കെ ചരിത്രമായിട്ട് തെറ്റിദ്ധരിച്ച നമ്മുടെ ഏറ്റവും വലിയ അബദ്ധം കണ്ടെത്തൽ ഉപയോഗമില്ലാത്ത കാര്യമല്ല രാഷ്ട്രീയമായ അതിന് ഉപയോഗമുണ്ട് അതിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മനുഷ്യന്റെ സാമാന്യ വിദ്യയെ ചോദ്യം ചെയ്യുന്ന ഈ കഥകളായിട്ട് ചരിത്രമായി എടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ നടക്കുക ജീവിക്കുക അതിനു വേണ്ടി മരിക്കുക അസംബന്ധമൊന്നുമല്ല ഒന്നും പറയാനില്ല ഇവിടെ എന്താ പറയുന്നത് ഭരദ്വാജൻ ഭരണിയോട് ചോദിക്കുന്ന അവിടെയുള്ള മുഴുവൻ പേരും ജീവൻ മുക്തന്മാരായി ജീവിച്ച ആ കഥയെന്ന് പറഞ്ഞാല് മുഴുവൻ പേരുടെ പേരും പറയും ഇവരൊക്കെ ജീവൻ മുക്തന്മാരാണ് എന്ന് പൂർവകരമായിട്ട് പറയൂ ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെ അതാണ് കഥ രാമൻ രാമൻ ജീവൻ മുക്തനാണെന്ന് പറയുന്നുണ്ടോ പൂർവ്വരാമായണത്തിൽ ഉണ്ടോ ഏ ഉണ്ടോ അത് ഇല്ല എന്നൊരു ഇത്ര ഉറപ്പ് ഏതൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ രാമൻ ശാപം കൊണ്ട് അജ്ഞാനിയായി ജീവിച്ചതാണ് രാമകഥ എന്താണ് തൊട്ട് മുമ്പ് പറഞ്ഞത് അജ്ഞാനിയായിട്ടാണ് ജീവിച്ചത് എന്നാണ് ശാപം കൊണ്ട് സംഭവിച്ചത് ആരി ശ്രമിച്ച് സനത് കുമാര് പിന്നെ ഇങ്ങനെയാണ് രാമജ്നായി ജീവിച്ചത് അവിടെയില്ല പക്ഷെ ഇവിടെയുണ്ട് ആ കഥയിലില്ല ഈ കഥയിലുണ്ട് എന്നാണ് പറയുന്നത് ഒരു കഥ എന്നുള്ളത് നമുക്ക് കണ്ട് സ്വീകരിക്കുന്നതിനൊരു പ്രയാസമില്ല അവിടെ അങ്ങനെ ഇവിടെ കഥയല്ലേ കഥയിലെന്തോ അതാണ് അതിന് കുഴപ്പമൊന്നുമില്ല കഥയെ കഥയായിട്ട് തന്നെ കാണും അതിനപ്പുറം പോയി കാണുമ്പോഴാണ് മനുഷ്യൻ തമ്മിലടിയത് ഉദാരസത്വോകേദി ഗതജ്വര നിത്യതൃപ്ത അതിനുസംഹാരമായി പറയണം ഈസർഗത്തിന്റെ അപാര സംസാര സമുദ്രത്തിൽ പതിച്ചിരിക്കുന്ന ജീവൻ ഉദാരസത്വ പരോമായുക്തി പരോമാനമാണ് പറയുന്നതൊക്കെ യുക്തി അധിഷ്ഠിതമായ ജ്ഞാനമാണ് ഉദാരസത്വ പ്രസന്നമായ മനസ്സോടുകൂടിയവൻ വിശുദ്ധ അന്ധക്കരണൻ നശോകമായ ആദി ദൈന്യം ഇതി അവന് ശോകമില്ല അവന് അധീനതയില്ല ഗതജതി അവന്റെ കാമക്രോധാതി ജ്വരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിത്യതൃപ്തനായിരുന്നു അതാണ് ജീവൻമുക്തി എന്ന് പറയും ഇവിടെ പറയുന്ന എന്ന് പറഞ്ഞ് നിർത്തുമ്പോ തൃതീയ സർഗത്തിൽ വീണ്ടും ചോദിക്കാം കാരണം ഇവിടെ ജീവൻമുക്തന്മാരായി ജീവിച്ചിരുന്ന ആണല്ലോ പറയുന്ന ആര് പറഞ്ഞത് പോയി ണക്ഷൻ പോയി ആര് പറഞ്ഞ പോയി ഭരദ്വാജൻ ഇങ്ങനെ പറഞ്ഞു എന്നാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഇത് എന്താണ് അവസാനം ഇതൊക്കെ പറയേണ്ടത് വാർമീയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഭരദ്വാജ വാച ഭരദ്വാജം തന്നെ ഇതൊക്കെ പറയുന്നു അപ്പൊ ഭരദ്വാജം എന്നൊക്കെ എവിടെന്നെ കുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയായി അങ്ങനെയും ചോദിക്കരുത് അവരൊക്കെ എങ്ങനെ ജീവൻ മുക്തന്മാരെ ജീവിച്ചു ജീവൻ മുക്തി ഇല്ല എന്ന് ഭരദ്വാജം തന്നെയാണ് പറയുന്നു ആ ഭരദ്വൻ തന്നെ വീണ്ടും പറയും അടുത്ത തൃതീയ സർഗത്തിൽ നിത്യം ഭവിഷ്യം ജീവൻ മുക്തി എന്ന് പറയുന്ന വളരെ മനോഹരമായശയവിടെ പറയും അതേറ്റവും എന്താണ് വളരെ മനോഹരമായ ഗതജലൃഷ്ഠതി നിത്യതൃപ്ത ഒരു മനുഷ്യൻ നിത്യതൃപ്തനായി കാമാതി ദോഷങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുണ്ടെങ്കിൽ അതിനു വലിയൊരു ജീവിതം മനുഷ്യനെ പ്രതീക്ഷിക്കാനുണ്ട് അതുകൊണ്ട് ഭരദ്വാന് ചോദിക്കുകയാണ് രാഘവം ആദ്യതൃത്വ രാഘവനമുണ്ട എനിക്ക് രാമന്റെ ജീവിതത്തിലൂടെ ഇത് ബ്രഹ്മൻ നമ്മുടെ വാത്മീകിയോട് പറയുകയാണ് ജീവൻ മുക്തി സ്ഥിതി ആ ജീവൻമുക്തിയെ ക്രമാക്കഥയാക്രമമായിട്ടൊന്നുവച്ച വാസിഷ്ടത്തിൽ വിവരിക്കുന്ന ക്രമത്തിൽ പറയുകോട് നിത്യം സുഖി ഭവിഷ്യാമി ഞാനും സുഖിയായിരീരട്ടെ രാമൻ എങ്ങനെയാണോ സുഖിയായി ജീവിച്ചത് നിത്യമുക്തനായി രാമൻ ജീവിച്ചത് അതുപോലെ ഞാനും സുഖിയായി ജീവിക്കട്ടെ എന്നാണ് ജീവൻ മുക്തിയെ കുറിച്ച് പറയുകയാണ് ഇതൊരു ചെറിയ ടെസ്റ്റ് ഡോസാണ് ഇനി വരെ ജീവൻമുക്തിയെക്കുറിച്ചുള്ള വിശദമായ വിവരമാണ് എന്നാലും ഇവിടെ വാസ്തു പറയുന്ന ജീവൻമുക്തി എല്ലാം നമ്മൾ ശക്തമായി ധരിക്കും ശങ്കരദ്വൈതം പഠിച്ചവരായതുകൊണ്ട് ഞാൻ എന്റെ വ്യത്യാസം കൂടെ പറയും അല്ലാത്തവരാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് തന്നെ അങ്ങോട്ട് അടിച്ചു കയറ്റിക്കൊടുത്താൽ മതി ഞാൻ ബലൂൺ പോലെ ആകാശത്തോടെ പറക്കും ഹൈഡ്രജൻ ബലൂൺ പറയും അപ്പോൾ ഞാൻ കുറച്ച് മറ്റതും ഇത് നമ്മളുടെ വ്യത്യാസം കൂടെ പറയും അത് പഠിച്ചോണ്ടില്ല ഞാൻ പറയേണ്ട കാര്യമില്ല ഭ്രമസ ജഗത ജാതസ് ആകാശവർണവുനസ്മരണം മനി സാധു വിസ്മരണം വരും സാധു സംബോധനയാണ് സാധുവൻ ഭരദ്വായോ എന്ന് പറയാണ് ഭ്രമ ജാഗത ആകാശ്രമത്യാഗസ് ഈ ജഗത്ഭ്രമം അതാണ് ജാഗതം എന്ന് പറഞ്ഞത് ജഗത്തിൻ്റെ അനുഭവ ഈ ഭ്രമം ഇവിടെ മൂലങ്ങൾ ധർമ്മത്തിൻ്റെ ഒരു ധർമ്മപരമ്പരയാണ് തുടക്കമിട്ടിരിക്കുകയാണ് ജഗത്ഭ്രമം അനുഭവം എന്ന് പറയുന്നു ഇപ്പോ ഇത് ഈ ജഗദ്ഭ്രമം ബൗദ്ധന്മാരിൽ നിന്ന് വന്നാണ് കാശ്മീരി ശൈവവും ബൗദ്ധന്മാരോട് കടപ്പെട്ടിരിക്കുന്നതാണ് അവിടെയും വരുന്നുണ്ട് പക്ഷെ കുറെ വ്യത്യാസമുണ്ട് അതിനകത്ത് അതിന്റെ സന്ദർഭം വരുന്നതിനാണ് ഭ്രമസ്യ ജാഗത ആകാശവർണവത് ജാതസ്ഥ ആകാശനീലിമ പോലെ പ്രകടമായതാണ് ഉണ്ടായതാണ് ജാതമായതാണ് പ്രകടമായതാണെങ്കിൽ ഈ ജഗത അനുഭവം ആകാശനീലിമെന്ന് പറയുന്നത് എന്താണ് ആകാശ ബ്രഹ്മ തുല്യമാണ് അതാണ് വർണ്ണം നിറം അത് പോലെ എന്താണ് ഈ ജഗത്തിന്റെ അനുഭവം ഉണ്ടാവും ജഗത്തിന്റെ അനുഭവമേ ഒരു സംപ്രതിയാണ് ക്രമവും നിറയുന്നത് ബൗദ്ധന്മാരിൽ നിന്നും മാണ്ടൂക്കേറ്റിലൂടെ കയ്യിലെത്തിച്ചേർന്നത് അതാണ് ഇവിടെ പറയുന്നത് ആകാശവർണ്ണവുനസ്മരണം മന്യേ വിസ്മരണം വരം ഇപ്പൊ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിന്റെ സ്മരണം ഉണ്ടാകാതിരിക്കുക അപുനസ്മരണം വിസ്മരണം പരമ്പലി പൂർണമായും വിസ്മരിച്ചു കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഈ ജഗത്ത് എന്ന് പറയുന്ന ഒരു ഭ്രമമാണ് അത് ആകാശത്തിന്റെ നീലിമ പോലെയാണ് ഇതൊരു സ്മൃതിയാണ് സ്മരണമാണ് ഇതെന്നെ സ്മരിക്കാതിരിക്കുക ജീവൻ മുക്തി ജീവൻ മുക്തിയിലും ഇത് സംഭവിക്കൊന്നാണ് ജീവൻ മുക്തി എന്തെന്ന് ചോദിച്ചപ്പോ അപ്പോ ഇവിടെ പറയുന്നതനുസരിച്ച് ജഗത്തിന്റെ സ്മരണമേ സംഭവിക്കാൻ പറയും അല്ലാതെ എങ്ങനെ സാധിക്കും രുചിയൊക്ക എന്ന് പറയുന്ന അവസ്ഥ അത് അതും അസംസൃതി പദാർത്ഥ ഭാവന തുരയുക അങ്ങനെ ക്രമമായി പോയി തുര്യക എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെന്തു എന്ന് പറയുന്ന പദവിയിൽ പ്രപഞ്ചഭാവുന്ന പ്രപഞ്ച പ്രതീതിയെ ഇല്ലാത്ത ഒരവസ്ഥ ഇതാണ് ജീവൻമുക്തി എന്ന് പറയുന്നത് ശങ്കരാധീനത്തിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ സന്യാസത്തോട് കൂടിയ തത്വജ്ഞാനം ഇത്രയുള്ള ജീവൻമുക്തനായിരിക്കാന്ന് വെച്ചാൽ സന്യാസിയായിരുന്നു തത്വജ്ഞാനവും വേണം എന്നിട്ട് സന്യാസിയായിരുന്നു സന്യാസം വെച്ചാൽ നമ്മുടെ പെയിന്റിങ് സന്യാസാല്ല അങ്ങനെ ധരിക്കരുത് ഇവിടെ സന്യാസം പറഞ്ഞാൽ എന്താണോ സർവകർമ്മ പരിത്യാഗം ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചിന്തിക്കുക തത്വം ഇതാണ് അപ്പൊ ഈ പറയുന്നതുപോലെ ജഗത് വിസ്മരണം എന്ന് പറയുന്നത് അവിടെ പറയും അത് വേണമെങ്കിൽ എന്ത് വേണമെന്നും വെറും തത്വജ്ഞാനത്തിനുള്ള വലിയ പറയുന്നുണ്ട് പക്ഷെ തത്വജ്ഞാനത്തിൽ അടുത്തപടി ആയിട്ട് ജഗത് വിസ്മരണം വേണമെങ്കിൽ അവിടെ പോകണം സമാധി സമാധി ശരി ബ്രഹ്മവിത്ത് മൂന്ന് ജീവൻ മുക്തന്മാരാണ് ബ്രഹ്മവിത്ത് വരൻ വരിയ മനുഷ്യൻ പക്ഷെ അവിടെ നിർത്താൻ പാടില്ല ഈ വിസ്മരണമെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അങ്ങേ അറ്റണം മറ്റേത് ജഗത്തിന്റെ മിഥ്യാസം ബോധിക്കുന്നതാണ് അതും പക്ഷികാരം പറയും പോലെയുള്ള ബോധിക്കുന്ന അതൊക്കെ വ്യത്യാസമുണ്ട് ഇത് രണ്ടും തിരിച്ചറിയാമയാണ് ആൾക്കാര് ഇത് വയ്ക്കാൻ രണ്ടും തിരിച്ചറിയാൻ വേണ്ടി കൂടെയാണ് ഞാനത് പറയുന്നത് ഭാഷകാലം പറയുന്നത് വളരെ സിമ്പിളാണ് അത് ഒരു കാര്യം മാത്രമാണ് അപ്രായോഗികമായി പോയത് ഏതാണ് സന്യാസി ബാക്കി പറയുന്ന തത്വജ്ഞാനം എന്ന് പറഞ്ഞു വളരെ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ മറ്റേ കൂടെ വേണമെന്ന് നിർത്തു ഒരു വാശി അത് ജാതി വേണമെന്ന് വാശി ആവശ്യമില്ലാത്തൊരു വാശി അത് ഒഴിവാക്കിയാൽ തത്വജ്ഞാനം വളരെ സിമ്പിളാണ് ഇവിടെ സിമ്പിളല്ല അതിന്റെ ഒരു ശരീരിക്കും മനസിലാവും ജീവൻമുക്ത സ്ഥിതി എന്ന് പറയുന്ന സ്ഥിതിയെക്കുറിച്ചും പാട്ടുകാരും പറയുന്നില്ല ജീവിച്ചിരിക്കേ മുക്തനാവും എന്ന് പറയുന്നുള്ളൂ പക്ഷെ ജീവൻ മുക്തി ഇവിടെ പറയുന്ന അവിടെ പറയുന്നു അത് തീർന്നില്ലല്ലോ തുടങ്ങിയല്ലേ ഉള്ളൂ ഇനി എന്തെല്ലാം കാണാൻ കിടക്കും കേൾക്കാൻ കിടക്കും ഇനിയും ഞാൻ ഈ ഇവിടെ ഇപ്പൊ എടുത്തു പറയുന്ന അപുലസ്മരണം സ്മരിക്കാൻ പോലെ ആ ഒരു ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് ആ വ്യത്യാസം കാണിക്കുക ബാക്കിയെല്ലാം വരും അപുലസ്മരണം എന്ന് പറയാൻ കാരണം ഇവിടെയും പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഈ ജന്മത്തിന് നമുക്ക് ഇങ്ങനെ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നൊണ്ട് വാസന വാസനയ്ക്കൂടെ വലിയ പ്രാധാന്യമാണ് വാസന ഏറ്റവും വലിയ ഏറ്റവും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ശങ്കരാദ്വൈതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അഭ്യാസത്തിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വാസന രണ്ടു നിങ്ങളുടെ വ്യത്യാസം അവിടെ അധ്യാസം അധ്യസ് വ്യവഹാര അധ്യാസം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു പിന്നെ അതിന്റെ വ്യാഖ്യാതാക്കൾ അത് വ്യാഖ്യാനിക്കാൻ പറയും അങ്ങനെ അധ്യാസം സംഭവിക്കുന്നുണ്ട് പൂർവ്വജന്മങ്ങളുടെ അധ്യാസമാണ് കാരണം എല്ലാം പറയും വ്യാഖ്യാനം പോകും കാരണം അവിടെ എന്താണ് അല്ലാതെ അതിന് ഒരു പൂർവ്വജന്മത്തെ അംഗീകരിക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പൂർവ്വജന്മത്തെ ഭാഷകാരണം അംഗീകരിക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു ആകാശീനിമ പോലെ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ വന്നു അപേ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് വന്നതാണ് അപ്പൊ പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതിന്റെ അനുഭവം ഉണ്ടെങ്കിൽ പൂർവ്വജന്മ കാരണമാണ് അപ്പോ ഇതിന് കാരണമെന്താണ് പൂർവ്വജന്മത്തിന്റെ വാസം ഇപ്പൊ സംസ്കാരജന്യം ഞാൻ എന്താ പറയുന്നത് എന്താ പറയുന്നത് സംസ്കാരജന്യം ഞാൻ എത്തിക്കും സ്മൃതി അപ്പൊ ഇതൊരു അനുഭവമാണ് എന്നാൽ വാസനാജന്യമാണെങ്കിൽ അതെന്താണ് ആ രീതിയിൽ നോക്കുമ്പോൾ സ്മൃതി അനുഭവം അല്ലെന്ന് പറയുന്നു അപ്പോ വിസ്മരണം വരം പൂർണമായും വിധനം വിസ്മരിക്കുക എന്ന് വെച്ചാൽ പിന്നീട് കാണാതിരിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠ അങ്ങനെ ആയിരിക്കും പിന്നെ ചെയ്യുന്നു അയാൾ അയാളുടെ ശരീരം പതിച്ചോന്നു മരിക്കുന്നു എന്ന് പറയില്ല ശരീരപാതവും പറയട്ടുള്ളൂ അത് മുക്തനായിട്ടില്ല അപ്പോ ആത്മാവ് നിത്യമുക്തമാണ് അതിവിടെയും പറയും അതിനുവ്യത്യാസവും ഭാഷകാരനെന്ന് പറയുന്ന എന്താണ് മുക്ത അമുക്തത്വവിശേഷം ആത്മാവനുസംബന്ധിച്ച് മുക്തനെന്നോ അമുക്തനെന്നോന്നുള്ള വ്യത്യാസം പക്ഷെ ഒരു ജീവിതാനുഭവം ഇവിടെ വിശേഷിച്ച് പറയുന്ന എന്താണ് വിസ്മരണം പ്രപഞ്ചവിസ്മരണം ഇങ്ങനൊരു പ്രപഞ്ചവിസ്മരണം എന്ന് പറയുന്നൊരു മുക്തി ഉണ്ടെങ്കിൽ പിന്നെ സന്യാസം ഭാഷകാരൻ പറയുന്ന കാര്യമില്ല സന്യാസത്തിനൊന്ന് വാശി പിടിക്കേണ്ട കാര്യം ഇല്ല തല തത്വജ്ഞാനമുണ്ടായി പ്രപഞ്ചവിസ്മരണവും ഉണ്ടായി എന്റെ ആവശ്യമേ അപ്പോൾ ഇതാകുന്ന ചെറിയ വ്യത്യാസമല്ല എന്നാൽ ഇതും അദ്വൈതം തന്നെയാണ് പക്ഷേ ഇതിന്റെ ഒരു ഗുണമെന്തെന്ന് വെച്ചാൽ അദ്വൈതത്തെ കൂടുതൽ രമോചകമാക്കി കുറച്ചുകൂടി എന്താണ് മനുഷ്യന് താത്പര്യം ഉണ്ടാക്കുന്ന ഒരു വിഷയമാക്കി മാറ്റി അദ്ദേഹം ഇങ്ങനെ ഏ ഏത് ആ ക്ലിഷ്ടോ ആൾക്കാർ നോക്കുന്നതെന്നാണ് എന്ത് കിട്ടുമെന്നുള്ള ഇരുപത്തഞ്ചു കോടി അടിക്കാൻ അടിക്കുന്ന മുഴുവൻ ടിക്കറ്റ് കിട്ടുമോ കൈന്ന് അത്ര മുടക്കുന്നുള്ളതല്ല അവന്റെ നോട്ടം എന്താണ് എത്ര കെട്ടുമെന്നോളാണ് ഇരുപത്തിയഞ്ചു കോടിയാണെങ്കിൽ അഞ്ഞൂറ് ഓളക്ക് നാലഞ്ചെണ്ണോളു കിട്ടിയാല് ഇരുപത്തിയഞ്ചെണ്ണം പോയ അഞ്ഞൂറ് മനുഷ്യന്റെ കയ്യിൽ അങ്ങനെയാണ് വലിയ വലിയ നേട്ടങ്ങളിലാണ് മനുഷ്യന് എപ്പോഴും താല്പര്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ലഭിച്ചേരുക എന്നെല്ലാം പറയുമ്പോ ഭാഷകാരം പറയുന്നതിന് അതാണ് കൂടുതൽ ക്ലിഷ്ഠത എന്താണ് സന്യാസമായി ജീവിക്കുക ഭക്ഷ എടുത്ത് ജീവിക്കുക അതാണ് ക്ലിഷ്ഠം ഇതെല്ലാം ക്ലിഷ്ഠം ഇവിടെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട പെണ്ണും കെട്ടി സുഖമായി ജീവിക്കാം പുരുഷന്മാരോട് പറയുന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഏ അത് തന്നെ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നതിന്റെ ഇടയ്ക്കൂടി അവസാനം അവിടെ എത്തിച്ചേരും ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യം ഒന്നും ഉപേക്ഷിക്കണ്ട ഇതാണ് കാശ്മീരി ചികിത്സത്തിന്റെ സിദ്ധാന്തം നിങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഈ വൈരാഗ്യം എന്നൊക്കെ പറയുന്നു അതിവിടെ പറയുന്നു പറയുന്നില്ല എന്താ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചിട്ടുമാണ് സീതാപരണയം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സീതാപരിണയം കൂടാതെ ൻ ജീവൻമുക്തനാകുന്നില്ല അതുകൂടെ വേണം അല്ലെങ്കിൽ ജീവൻ മുക്തനായാലും സീതാപ്രമയനുമാകാം അപ്പൊ ഇതല്ലേ ആൾക്കാർക്ക് രസം വരുന്നത് അതല്ലേ ഈ ആൾക്കാർക്ക് കാശ്മീരി ശേഖത്തോട് ഇത്ര താല്പര്യം വരാനുണ്ട കാരണം ഭൈരവതന്ത്രത്തിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ അതിനകത്ത് അഞ്ച് സൂത്രങ്ങൾ ആണോ പറയുന്നത് കുറച്ച് ലൈംഗിക തന്ത്രങ്ങൾ പറയുന്ന അഞ്ച് സൂത്രങ്ങളിലാണ് ബാക്കി മുഴുവൻ വേറെ സാധനങ്ങളാണ് പറയുന്നത് പക്ഷെ സായിപ്പന്മാരൊക്കെ ഇടിച്ചു കയറുന്നിവിടെ അവിടെയാണ് പോഷവും ഇട്ട് തോന്നുന്നു അതിനെ കുറച്ച് അഞ്ച് ശതമാനം പോലും ജനങ്ങൾക്ക് താല്പര്യം അതിലാണ് അതും ഒക്കെ ആകാം കുറച്ച് വൈരാഗ്യം പറഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ നമ്മൾ അതേ അത്രയും നമ്മളും പറയുക എന്താണ് കാലത്തിനനുസരിച്ച് പറയണം ഓഷോ പറഞ്ഞതിന്റെ അത്രയും പറയുക എന്നൊക്കെ ധൈര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി പറയുക എന്നുള്ളതേ ഉള്ളൂ അത്രയും കടത്തി പറയാനുള്ള തന്റെയെന്നോ പക്ഷെ കാശുണ്ടാകണം അതാണ് ഏറ്റവും നോയി കുറച്ച് പറയുക എന്നാ ഒരു ഉപായങ്ങളിൽ ശൂന്യതയെ ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്ത് പറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല ഇവരെ ശൂന്യധ്യാനത്തെ കുറിച്ച് പറയുന്നു അപ്പൊ അതിലൊന്നുമല്ല മനുഷ്യന്റെ നോട്ടം അതാണ് ഇത് കൂടുതൽ രോചകമാകുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അതിനോട് താല്പര്യം വരും ഇതാണ് പറയുന്നത് ശങ്കരാചാര്യതക്ക് ബദലായി ഉണ്ടാക്കിയ ഒരു സ്ഥലം അത് ഇതൊക്കെ അടിസ്ഥാനപരമായി ഉള്ളിലിരുന്നാലേ വ്യത്യാസം മനസ്സിലാവും അത് മുമ്പോട്ട് പറഞ്ഞു വരുമ്പോൾ വ്യക്തമാവും പറയുന്നു എന്താണ് ആകാശവർണത്തെ പോലെ കാണുന്ന പഴയകാലത്ത് ഈ ആകാശവർണം ഒരു ഭ്രാന്തി കണക്കാക്കിയത് കാരണം ആകാശവർണത്തെ ഭ്രാന്തി കണക്കാക്കാനെന്താ കാരണം കർഗശാസ്ത്രത്തിനും മറ്റും പറയുന്നു ആകാശ നീരൂപ രൂപരയിൽ വർണ്ണം എന്താണ് അത് ഭ്രാന്തി വാസ്തവത്തിൽ ആകാശവർണം ഭ്രാന്തി ഭൗതികശാസ്ത്രം അനുസരിച്ച് ആകാശവർണമെന്ന് പറയുന്നത് എന്താണ് അതൊരു വാസ്തവ സൂര്യപ്രകാശം കൊണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭ്രാന്തി പക്ഷെ പണ്ടങ്ങനെ ധരിച്ചിരുന്നു പണ്ടത്തെ സിദ്ധാന്തമത്സരിച്ച് അപുനസ്മരണം വലിയ ശാസ്ത്രവും വിസ്മരണം എന്നൊണ്ട് മറക്ക പ്രപഞ്ചഭാനമില്ലാതിരിക്കുക അങ്ങനെ ആയിട്ട് കാര്യമുക്തനായി എന്നാണ് അപ്പോ അതിനെന്ത് വേണം അതിന് ആത്മബോധം വേണം ആത്മബോധം കൊണ്ടാൻ സാധിക്കുന്നു അവിടെയും ഏറ്റവും പ്രധാനമായ വ്യത്യാസം ഭാഷ്യകാലം നിറയിൽ എന്താണ് ആത്മബോധം എന്ന് പറയുന്നത് അത് ശ്രവണ ജന്യജ്ഞാനമാകാം നിങ്ങൾ യോഗ്യനാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ലെങ്കിൽ മനനം നിര്ധ്യാസനുമാകാം തത്വമസിമി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനം അതാണ് ആത്മബോധം അത് നിശ്ചയാത്മകമായിരിക്കണം എന്തെങ്കിലും ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയും തന്നെ അടർത്താവും അഭോക്താവാകും ഗ്രഹിക്കുക അറിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്നത് ഒരു ബ്രഹ്മാകാര വൃത്തി അതിനെ കുറിച്ചാണ് പറയും അതിനെ കുറിച്ച് ഭാഷകാരും പറയും വ്യത്യാസം അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്താണ് ആകാശവർണം പോലെയുള്ള ഈ പ്രതീതി ഇല്ലാതാവും യോഗശാസ്ത്രം പഠിച്ചിരുന്നോണ്ട് അത് വ്യക്തമാണ് അതാണ് സമാധി അപ്പോൾ ഇവിടെ പറയുന്നത് അദ്വൈതജ്ഞാനത്തിലൂടെ അദ്വൈതജ്ഞാനം വേണം ആ അദ്വൈതജ്ഞാനത്തിലൂടെ സമാധിയിലെത്തിച്ചേരുക പ്രപഞ്ചവിസ്മരണത്തിൽ ഇരിക്കുക അയാൾ മുക്തനാണ് അതിന് അടുത്ത് പറയും അങ്ങനെ പ്രപഞ്ചവിലയം ഇത് ചെയ്യാൻ എവിടെ മുക്തി അങ്ങനെ മുക്തിയല്ലോ ആ പറയുന്നതിലൊരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്തൊക്കെ തത്വജ്ഞാനം ഉണ്ടായാലും ശരി മനുഷ്യനെന്തേയും അവന്റെ ബുദ്ധി അവന്റെ മനസ്സ് ദ്വന്ദ്ത്തിന് കീഴ്പ്പെടും അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ തത്വജ്ഞാനം ഉണ്ടായിട്ടും ദ്വന്ദ്ത്തിന് കീഴ്പ്പെടുന്ന മനസ്സിന് ഇവിടെ പറയും അതിന്റെ ഖലനം അതിനെ വിജയിപ്പിക്കുക അതാണ് അവ പിന്നെ പ്രപഞ്ചബോധവുമില്ല പൂർണ്ണമായ വിസ്മരണം അതാണ് ഇവിടെ പറയുന്നത് ഉപായം ശരിക്കും യോഗത്തിന്റെ ഉപായം വഴിക്ക് ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ അതിനുവേണ്ടി ചിത്തവൃത്തി നിരോധത്തെ നേരിട്ട് ആശ്രയിക്കുന്നില്ല ഫലത്തിൽ അതുപോലെ തന്നെയാണ് ഇവിടെ